കഴിഞ്ഞ വർഷം ഭഗവത്ഗീതയിലെ പതിമൂന്നാമത്തെ അധ്യായം ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗ യോഗമാണ് നമുക്കിവിടെ സത്സംഗം ഉണ്ടായിരുന്നത് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗം ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാന അധ്യായങ്ങളിൽ പെട്ട ഒന്നാണ് ജ്ഞാനശക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറാം അധ്യായങ്ങളുടെ ആദ്യത്തെ അധ്യായമാണ് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗം ഒരു പൊതുസത്സംഗത്തിൽ പറയുമ്പോൾ എത്ര കണ്ട് അതിൻ്റെ ആഴവും അതിൻ്റെ പ്രാമുഖ്യവും നിങ്ങളിൽ ഏൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളും ഒക്കെ സാമാന്യ ജനങ്ങളിലേക്ക് ഇറങ്ങിയിറങ്ങി ഇറങ്ങി വരുന്ന ഒരു കാലമാണത് പക്ഷേ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ഭാഗവതമൊക്കെ അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ നമ്മളല്ലേ അങ്ങോട്ടേക്ക് കയറി പോകേണ്ടത് എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല അതീവ ശ്രദ്ധയോടുകൂടെ ആദരവോടുകൂടെ നമ്മളുടെ പൂർവികരായ ഋഷികൾ ശ്രവണമന നിധിധ്യാസനങ്ങളിലൂടെയാണ് ഗീതയും ഉപനിഷത്തുമൊക്കെ പറയുന്ന സത്യത്തിനെ സ്വയം കണ്ട് അനുഭവിച്ചത് ആ സത്യത്തിനെ കാണുന്നവരെ കാണുക ഞാൻ വേറെ വാക്കില്ലാത്തത് കൊണ്ട് അറിയുക എന്ന് പറഞ്ഞാലും മതി അനുഭവിക്കുക എന്നും പറയാം പക്ഷെ വാസ്തവത്തിൽ അനുഭവം എന്നൊന്നില്ല തെറ്റിദ്ധരിക്കരുത് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുകയാണ് എന്നൊരു തോന്നലുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ ശാസ്ത്രം വളരെ ഗഹനമാണെന്ന് പറയണതും ഒരു വൈകുന്നേരം ദിവസം മുഴുവനും പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു നേരം പോക്കായിട്ട് ഈ പ്രഭാഷണത്തിൽ എന്താണോ ഉള്ളതെന്ന് കേട്ടുകളയാം എന്ന് പറഞ്ഞിരുന്നാൽ യാതൊന്നും പിടികിട്ടില്ല ചിലപ്പോ അറിയുന്നത് തലകീഴുവായിരിക്കും അതുകൊണ്ട് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് അനുഭവിക്കലും അല്ല അതുകൊണ്ട് തന്നെ ഇതിന് പുതിയൊരു വാക്ക് തന്നെ കോയിൻ ചെയ്തെടുക്കേണ്ടി വന്നു അവർക്ക് പ്രത്യഭിജ്ഞ എന്ന് പറഞ്ഞു ജ്ഞപ്തി എന്നൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ ഉള്ളതിനെ തന്നെ കാണുകയാണ് ഉള്ളതിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് ആ ശ്രദ്ധയെ സത്യത്തിന് നേരെ തിരിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ് ഉപനിഷത്തും ഗീതയും ഭാഗവതവും ഒക്കെ ചെയ്യേണ്ടത് പക്ഷെ അത് വളരെ സൂക്ഷ്മമാണ് നിങ്ങൾ വിചാരിക്കുന്ന മെഡിറ്റേഷനെക്കാളും യോഗസാധനകളെക്കാളും എല്ലാ ടെക്നിക്കുകളെയും സൂത്രപ്പണികളെയും കാളും അതീവ സൂക്ഷ്മമാണ് നമുക്ക് വളരെ സുലഭമായി കിട്ടിയിട്ടുള്ള സത്യത്തിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഭഗവാൻ രമണ ഭഗവാൻ പറയും ട്രൂത്ത് ഈസ് വെരി സിംപിൾ ബട്ട് അവർ മൈൻഡ് ഈസ് വെരി കോംപ്ലെക്സ് സോ വെൻ യു അപ്രോച്ച് ട്രൂത്ത് വിത്ത് എ കോംപ്ലെക്സ് മൈൻഡ് ദ സിമ്പിൾ ട്രൂത്ത് സീംസ് ടു ബി ടു കോംപ്ലെക്സ് സത്യം വളരെ ലളിതമാണ് പക്ഷെ ആ സത്യത്തിനെ ഗ്രഹിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ശരിയില്ല നമ്മൾ പുറമേക്ക് ഉപയോഗിച്ച അതേ മെത്തേഡ് അതേ സമ്പ്രദായത്തിന് അധ്യാത്മമാർഗത്തിൽ ഉപയോഗിച്ച് നോക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇത് വളരെ വിഷമാണെന്ന് പുറമേക്ക് ഉപയോഗിച്ച പല മെത്തേഡുകളുണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയും ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ് ശേഖരിക്കുകയും അതിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും തോറും ആ വസ്തുവിൽ നമ്മൾ വളരെയധികം കഴിവ് നേടുകയും ഒക്കെ ചെയ്യും ഇത് ലൗകിക സമ്പ്രദായത്തിൽ വളരെയധികം നമുക്ക് ഉപയോഗപ്പെട്ട ഒരു സമ്പ്രദായമാണ് അതേ സമ്പ്രദായമാണ് നമ്മൾ അധ്യാത്മത്തിലും കൊണ്ടുവരുന്നത് അതിന് നമ്മൾ വിൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം വിൽ പവർ ഉണ്ടെങ്കിലേ ലോകത്തിൽ എന്ത് കാര്യവും നടക്കുള്ളൂ അതേ വിൽ പവർ തന്നെയാണ് ഉള്ളിലേക്കും പ്രയോഗിച്ച് നോക്കുന്നത് അവിടെ തികച്ചും പരാജയപ്പെട്ടു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ ആന്തരികമായിട്ടുള്ള സത്യത്തിന് ഭഗവത് സ്വരൂപത്തിന് അഥവാ ഋഷികൾ വളരെയധികം ഹിതകാരികളായിട്ടുള്ള ഋഷികൾ നമുക്ക് ഹിതകാരികളായിട്ടുള്ള ഋഷികൾ ഉപനിഷത്തുകളിലും ഗീതയിലും ഭാഗവതത്തിലുമൊക്കെ വീണ്ടും വീണ്ടും വീണ്ടും പല മാർഗത്തിലൂടെയും സ്തുതികളിലൂടെയും കഥകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് വെറും സ്തുതികളും വെറും കഥകളും കുറച്ച് മനസ്സിലാകാത്ത ഉപദേശങ്ങളുമായിട്ട് മാറുകയാണ് അഥവാ മനസ്സിലാക്കിപ്പിച്ചു തരാനായി ഞാൻ ചില കഥകളും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞാൽ തമാശകളുമൊക്കെ പൊട്ടിച്ചാൽ ഇറങ്ങി പോകുമ്പോൾ ആ തമാശകളെ നിൽക്കുള്ളൂ പറയാൻ ശ്രമിച്ച കാര്യമൊന്നും ഉള്ളിലും പേശില്ല സത്യത്തിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു വഴിയുമില്ല അദ്ദേഹം നല്ല തമാശയും കഥയുമൊക്കെ പറഞ്ഞു അപ്പൊ വളരെ സിമ്പിളായിരുന്നു കാര്യം നിങ്ങൾ തമാശയും കഥയുമൊക്കെ ആസ്വദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയതാണ് കാര്യമൊന്നും പിടികിട്ടിട്ടില്ല തമാശയും കഥയും ഒരു കാലത്ത് അരെയും വിമർശിച്ച് പറയല്ല ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് കഥ പറഞ്ഞാൽ നല്ലവണ്ണം കഥ പറയുന്ന ആളാണെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കഥ എന്നേ പറയുള്ളൂ അവർ ഇന്നാണ് നമ്മൾ ഈ പ്രഭാഷണം സത്സംഗം എന്നുള്ള വാക്കുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരമ്പത് വർഷം മുമ്പ് കഥ എന്നാണ് നല്ലവണ്ണം പറയുന്ന ആളാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ രാത്രി പന്ത്രണ്ട് മണിവരെയും ഒരു മണി വരെയും ഒക്കെ ഇരുന്ന് കൾക്കും വളരെ പ്രസിദ്ധരായിട്ടുള്ളവരുടെ രാമായണവും ഭാരതവും ഭാഗവതവും ഒക്കെ കഥകൾ അത്ര കണ്ടൊന്നും വാക്ചാതുര്യമില്ലാത്ത ആളാണെങ്കിൽ അവരവരുടെ വീട്ടിന് മുമ്പിലിരുന്ന് ഞങ്ങൾ കേട്ടോളാന്ന് പറയും ഉറക്കം വന്നാൽ പോയി കിടന്നുറങ്ങും പക്ഷെ ഇന്ന് കഥകൾക്ക് പകരം അവർക്ക് ടിവിയും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല കഥാശ്രവണത്തിനോ വെറുതെ കഥ കേൾക്കാനാണെങ്കിൽ ഒരു രസത്തിനു വേണ്ടി കഥ കേൾക്കാനാണെങ്കിൽ രാമായണമോ മറ്റോ ഒക്കെ തന്നെ ഇവർക്ക് ടി വിയിലുമൊക്കെ കിട്ടണുണ്ട് അപ്പൊ ഋഷികൾ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി വ്യാസഭഗവാൻ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി കഥകൾ എഴുതി വച്ചതല്ല ഉപനിഷത്തിലെ ഋഷികളും നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ ഫിലോസഫി അങ്ങനെ ചിലതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപനിഷത്തുകളൊക്കെ ഉണ്ടാക്കി വെച്ചതല്ല അവർ പരമഹിതകാരികളായിരുന്നു അവരവരവർക്ക് തന്നെ ഹിതം ചെയ്തു നമുക്കും ഹിതം ചെയ്യണമെന്ന് ആശിച്ചു അതേ സ്റ്റേറ്റ് അതേ സ്ഥിതിയിലേക്ക് നമ്മളും വരികയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഹിതം ചെയ്യണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ സത്സംഗം പ്രയോജനപ്പെടും അവനവന് പ്രിയം ചെയ്യണമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അതിൽ ചോദ്യമൊന്നുമില്ല അതെല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് പ്രിയം ചെയ്യണം എനിക്കിഷ്ടം പ്രിയം വേറെ ഹിതം വേറെ പ്രിയം ചെയ്യണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഹിതം ചെയ്യുന്നവർ ആരും വളരെ വിരലാണ് പ്രിയമായിട്ടുള്ളത് ഹിതമായി പലപ്പോഴും വിഭീഷണൻ വാൽമീകി രാമായണത്തിൽ രാവണനോട് പറഞ്ഞു വിഭീഷണൻ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ആരും പറഞ്ഞില്ല ബാക്കി എല്ലാവരും പറഞ്ഞു സീതയെ കൊണ്ടുവന്നത് നന്നായി രാമനെ യുദ്ധം ചെയ്തു കൊല്ലണം എന്നൊക്കെ പറഞ്ഞു വിഭീഷണനോട് രാവണൻ ചോദിച്ചപ്പോ വിഭീഷണൻ പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ അങ്ങക്ക് ഹിതം ചെയ്യണമെന്ന് ഇവരൊക്കെ അങ്ങക്ക് പ്രിയം പറയുന്നവരാണ് ഈ കൂടെ നിൽക്കുന്നവർ മുഴുവൻ എന്തു പറഞ്ഞാലാണ് അങ് ഇഷ്ടപ്പെടുക സുഖിക്കുക അത് ഞാൻ അങ്ങയുടെ ഹിതം ചിന്തിക്കുന്നവരാണ് ആയിരം തലയുള്ള പാമ്പ് കൊണ്ട് തല മുതൽ കാല് വരെ വരിഞ്ഞുകെട്ടിയിരിക്കുന്നതായിട്ട് ഞാൻ അങ്ങയെ കാണുന്നു ഈ പാമ്പ് അങ്ങയെ എപ്പോൾ വിഴുങ്ങിക്കളയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് സീതയെ തിരിച്ചുകൊണ്ടാക്കുക എന്നൊക്കെ വിഭീഷണൻ പറഞ്ഞപ്പോൾ രാവണൻ വളരെ കോപിക്കുകയും വിഭീഷണനെ നിന്ദിക്കുകയും ചെയ്തിട്ട് രാവണൻ പറഞ്ഞു സ്ത്രീകളിൽ ചാവല്യമുണ്ട് ബ്രാഹ്മണനിൽ തപസുണ്ട് പശുക്കളെ വെച്ചാൽ സമ്പത്തുണ്ടാവും ബന്ധുക്കളിൽ നിന്നും എപ്പോഴും അപകടം പ്രതീക്ഷിക്കാം അത് തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു വിദ്യത്തെ ജ്ഞാതിത്തോ ഭയം വിദ്യത്തെ ഘോഷുസമ്പന്നം വിദ്യതേ സ്ത്രീഷു ചാപല്യം വിദ്യതേ ബ്രാഹ്മണേ തപ എന്ന് രാവണൻ വിഭീഷണനോട് പറയാം അത് തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ വിഭീഷണനും തിരിച്ചുവന്നു പറഞ്ഞു ലോകത്തില് സർവത്ര ഖലു ദൃശ്യൻ തേ പ്രിയമായിട്ട് വർത്തമാനം പറയുന്ന ആളുകളെ ധാരാളം കിട്ടും വെറുതെ തന്നെ അവർക്കൊന്നും ചെലവില്ലല്ലോ വാക്കു പറയാനായിട്ട് നമുക്ക് പ്രിയം ചെയ്യുന്ന ആളുകളെയും കിട്ടും പക്ഷേ പ്രിയം അല്ല ഹിതമായിട്ടും പ്രിയമായിട്ടുള്ള വാക്കുകൾ പറയുന്നവരും കുറവാണ് കേൾക്കുന്നവരും കുറവാണ് അപ്രിയസ്യ ചെ പത്യസ് വത്താ ശ്രോതാ അപ്രിയമായിരിക്കും ചിലതൊക്കെ പക്ഷെ പത്യമായിരിക്കും അത് പറയുന്ന വക്താവും അത് ഇത്തിരി റിസ്ക്കാണ് കാരണം നിങ്ങൾക്ക് ഞാൻ പത്യമായിട്ടുള്ളത് ചിലതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമാവില്ല അതുകൊണ്ട് നിങ്ങൾ കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ റിസ്ക് എടുക്കാൻ ഇത്തിരി മടിക്കും എനിക്കെന്ത് വേണം അവർ കേട്ടാ എന്ത് വേ അവർക്ക് പറഞ്ഞപ്പോ അവരെ ഇപ്പൊ നല്ലതാക്കിട്ട് എനിക്കെന്ത് വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടിപ്പോ ഒന്നും വെറുതെ മെനക്കെടേണ്ട എന്ന് പറഞ്ഞ് ഞാനും പറയാൻ മെനക്കെടില്ല അപ്പൊ വിഭീഷണൻ രാവണനോട് പറയാണ് അപ്രിയവും പത്യവുമായ വാക്കുകൾ ഹിതകരവുമായ വാക്കുകൾ പറയുന്ന ആളുകളും ദുർലഭമാണ് അത് പറഞ്ഞാൽ കേൾക്കണ ആളുകളും ലോകത്തിൽ ദുർലഭമാണ് പ്രിയമായിട്ടുള്ളത് പറയാനാളുണ്ടാവും ചെയ്യുന്ന ആളുകളും ഉണ്ടാവും ഒരാൾക്ക് ഡയബറ്റീസ് ആണെങ്കിൽ അയാൾ നമ്മളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നാൽ നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് അതുകൊണ്ട് പായസം കഴിക്കൂ അദ്ദേഹം പറയണു എനിക്ക് ഷുഗറുണ്ട് പായസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് സാരമില്ലാന്ന് ഒരു സ്നേഹം കൊണ്ടല്ലേ ഇത്തിരി കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഇത് ഹിതമല്ല പ്രിയമാണ് അയാൾക്കും പ്രിയമായിരിക്കും കൊടുക്കുന്നത് നിങ്ങൾക്കും പ്രിയമായിരിക്കും പക്ഷെ അയാൾക്ക് ചെയ്യണത് ഹിതകരമല്ല അതേപോലെ നമ്മൾക്ക് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഹിതം എന്താണ് പ്രിയം എന്താണ് എന്ന് വിചാരിച്ച് വിചാ വിവേചനം ചെയ്ത് നോക്കിയാൽ കാണാം നമ്മളുടെ ശരീരത്തിനും മനസ്സിനും സുഖിപ്പിക്കുന്നതൊക്കെ നമുക്ക് പ്രിയമാണ് ഭാഗവതത്തിൽ മഹാബലി പറയുന്നു അമ്മ അച്ഛൻ ബന്ധുക്കൾ ലൗകികമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകന്മാര് സർക്കാർ ബിസിനസ്സുകാര് നമുക്ക് ചുറ്റുമുള്ള സമൂഹം എല്ലാവരും നിങ്ങൾക്ക് പ്രിയം ചെയ്യാൻ ഉണ്ടാവും പക്ഷെ ഹിതം ചെയ്യാൻ ഇവരാരും ഉണ്ടാവില്ല ഹിതം ചെയ്യുന്നവൻ ഒറ്റ ആളേ ഉള്ളൂ ഭഗവാൻ ആ ഭഗവാൻ ഒരു സദ്ഗുരുവിലൂടെ വന്ന് ജീവന് ഹിതമെന്താണ് എന്ന് കാണിച്ചു കൊടുക്കുക ഭഗവാൻ രണ്ടു വിധത്തിൽ പ്രവർത്തിക്കും മഹാബലി പറയണത് ദുഃഖം കൊടുത്തിട്ട് ഹിതം ചെയ്യുമെന്നാണ് എന്താണെന്ന് വെച്ചാൽ ദുഃഖം കൊടുക്കുമ്പോൾ ഈ ജീവൻ ശരീരത്തിനോടുള്ള പ്രതിപത്തി പോകും ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങളോടുള്ള ആസക്തി പോകും അത് ഒരു വശത്തുള്ള ഹിതം മറ്റൊരു വശത്ത് ഈ ശരീരവും മനസ്സും വെച്ചുകൊണ്ടുള്ള ഈ സുഖഭോഗം ശാശ്വതമല്ലെന്നും നിത്യമായ വസ്തു ഇതിന് പുറകിലുണ്ടെന്നും കാണിച്ചു കൊടുക്കുന്ന വിദ്യയാണ് ഹിതകാരിണി ആ വിദ്യയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഋഷികളാണ് നമുക്ക് ഹിതകാരികളായിട്ടുള്ളവര് സാധുക്കളാണ് നമുക്ക് ഹിതകാരികളായിട്ടുള്ളവര് അതുകൊണ്ട് മഹാബലിയുടെ അടുത്ത് വന്ന് വാമനമൂർത്തി സർവവും പറിച്ചെടുത്തപ്പോ വാമനമൂർത്തിയോട് മഹാബലി പറയണതാണ് അങ്ങാണ് എനിക്ക് വാസ്തവത്തിൽ ഹിതകാരി ലോകത്തിലുള്ളവർ എന്ത് ചെയ്യും ഓരോ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് തന്ന് സുഖിപ്പിക്കും അതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം നഷ്ടമാവും പക്ഷേ വാങ്ങിത്തരണതൊന്നും പൂർണ്ണമല്ല കൊണ്ടു തരണതൊന്നും പൂർണ്ണമല്ല എല്ലാ എടുത്തു കളയുമ്പോൾ നമുക്ക് ആശ്രയദോഷം ഇല്ലാതാക്കി തീർക്കുമ്പോൾ അതാണ് നമുക്ക് പൂർണ്ണതയെ തരണത് ശാന്തിയെ തരണത് ആനന്ദത്തിനെ തരണത് ഭഗവാൻ എന്ത് ചെയ്തു മഹാബലിയുടെ കയ്യിലുള്ള എക്സ്ട്രാവായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ വരച്ചെടുത്തു സർവവും വരച്ചെടുത്ത് കഴിഞ്ഞപ്പോ മഹാബലിക്ക് മനസ്സിലായി തനിക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല എന്നാണ് അത് ഉള്ളത്തോളം ഭയണ്ടായിരുന്നു ഇതൊക്കെ പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും അതൊക്കെ എടുത്തു കളഞ്ഞപ്പോ മനസ്സിലായി ഇതൊക്കെ പോയാലും ഞാനുണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടാലും ഞാനുണ്ട് ഇതൊന്നും അല്ല സുഖത്തിന് കാരണം പ്രിയം അത്യപകടമായ ഒരു ദൂഷ്യമാണ് മനസ്സിന്റെ പ്രിയം എന്ന് വെച്ച് ഞാൻ പറയുന്ന വാക്ക് രാഗം എന്നർത്ഥം ആസക്തി നമുക്കൊരു വസ്തു കുറെ വർഷങ്ങൾക്ക് മുമ്പ് എലക്ട്രിസിറ്റി ഇല്ല കറണ്ട് ഇല്ല ഒരു അമ്പത് വർഷമായി എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തപ്പോഴും നമ്മളൊക്കെ സുഖമായിട്ട് ഇരുന്നിട്ടുണ്ട് ഇവിടെ മനുഷ്യരൊക്കെ പക്ഷെ ഇപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അമേരിക്കയിൽ കുറച്ച് മിനിറ്റ് നേരങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി കട്ടായപ്പോ കുറെ ആളുകൾ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയവരുണ്ട് അവർക്കൊക്കെ റെഫ്യൂജി ക്യാമ്പ് അറേഞ്ച് ചെയ്തു ഒരിടത്ത് എന്താന്ന് വെച്ചാൽ ഊണ് കഴിക്കുന്നതും വെള്ളം കൊണ്ടുവരുന്ന എല്ലാം കറണ്ട് കൊണ്ടാണ് അപ്പൊ എന്തെന്തിനെ ആശ്രയിക്കുന്നു അതാത് വസ്തുക്കളിൽ നിന്നും നമുക്ക് ഭയമുണ്ട് കാരണം ആശ്രയിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ വിട്ടുപോകുന്ന വസ്തുക്കളാണ് വിട്ടുപോകാത്ത വസ്തുവിനെ ആശ്രയിക്കാമെങ്കിൽ ഭയമില്ല അപ്പൊ അധ്യാത്മ സെന്റർ പോയിന്റ് ആശ്രയമാണ് വ്യവഹാരമല്ല നമ്മളുടെ വിദ്യാഭ്യാസവും റിവും ഒക്കെ വ്യവഹാരത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് അധ്യാത്മികത വ്യവഹാരത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടല്ല പല ആളുകളും പറയും നിങ്ങൾ ഇങ്ങനെ ഫിലോസഫി വേദാന്തം പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് വല്ലതും പറയൂ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ അധ്യാത്മം അല്ലാതെ നിങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ കാരണം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാലും പലരും ചോദിക്കും പ്രായോഗികമായിട്ട് പലതും പറയും ഒരാളെ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആത്മതത്വവും വേദാന്തവും ഒക്കെ കാര്യമില്ല എനിക്ക് എന്തെങ്കിലും ഒരു നിഷ്ഠ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ രാവിലെ ഇത്രയും ജപം ചെയ്യൂ വൈകുന്നേരം എത്ര ജപം ചെയ്യൂ ഇത്ര നമസ്കാരം ചെയ്യൂ ഇന്ന ഗ്രന്ഥങ്ങൾ വായിക്കും അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഈ ലിസ്റ്റും കൊണ്ട് നാളെ മുതൽ ഇൻസ്പെയർഡായിട്ട് പോയി രണ്ടാഴ്ച കഴിഞ്ഞ മൂപ്പരോട് ചോദിച്ചു എങ്ങനെയുണ്ടാച്ചു ഒന്നും നടക്കണില്ല എന്നാണ് ഒന്നും നടക്കണില്ല എന്ത് പറ്റി ഈ പ്രായോഗികം പ്രാക്ടിക്കൽ എന്ന് നമ്മൾ വിചാരിക്കണത് പലതും പ്രാക്ടിക്കൽ അല്ല വളരെ ലളിതമാണെന്ന് വിചാരിക്കുകയാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഇട്ടു കൊടുത്താൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആളുകൾക്കൊക്കെ എത്ര എളുപ്പം ലോകത്തിനെ നന്നാക്കാൻ എത്ര എളുപ്പം ഒരു ജീവന്റെ ഓരോ ചലനവും ഗീത തന്നെ ഭഗവാൻ പറയണത് ഉള്ളിലിരുന്ന് അന്തര്യാമി രൂപമായി ഭഗവാൻ ഓരോ ജീവനെയും ചക്രത്തിലിട്ട് കറക്കുന്ന പോലെ കറക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ജീവനും സ്വതന്ത്രനല്ല ശരീര ആർക്കും സ്വാതന്ത്ര്യമില്ല മനസ്സിന്റെ തലത്തിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല ബുദ്ധിയുടെ തലത്തിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല അഹങ്കാരത്തിന്റെ തലത്തിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നുവെച്ചാൽ അപരാപ്രകൃതിയിൽ നമ്മൾ സ്വതന്ത്രനല്ല നമ്മൾ നിത്യവും സ്വതന്ത്രരായ ഒരു മണ്ഡലമുണ്ട് പരാപ്രകൃതി ഇത് രണ്ടുമാണ് അധ്യാത്മം എന്ന് അതാണ് ഇന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാൻ വിഭാഗം ചെയ്ത് പറഞ്ഞത് ഏറ്റവും ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്തിൽ ഒരാൾക്കും നേരത്തെ മനസ്സിലാകാത്ത നാലു മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രത്തിന്റെ എസെൻസ് തന്നെ ഗീതയിലെ അപരാപ്രകൃതി പരാപ്രകൃതി എന്നുള്ള രണ്ടും മനസ്സിലായാലേ മനസ്സിലാവുള്ളൂ വളരെ ഞാനിപ്പോ ആ മന്ത്രങ്ങളിലേക്കൊന്നും പോണില്ല കാര്യം ഇതാണ് നമുക്ക് രണ്ടു മണ്ഡലങ്ങളാണ് നമ്മളുടെ എക്സിസ്റ്റൻസ് ഒന്ന് ശരീരത്തിന്റെ മണ്ഡലം നമ്മളുടെ കർമ്മത്തിന്റെ മണ്ഡലം അത് വിനാശം എന്നാണ് അതിന് പേര് ഉപനിഷത്ത് തന്നെ വാക്ക് വിനാശം എന്നാണ് എന്നുവെച്ചാൽ അനുക്ഷണം നശിച്ചുകൊണ്ടിരിക്കണം വിനാശേന മൃത്യു തീർത്തുവൂ അമൃതമേ എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അതൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ ബുദ്ധിക്കോ മനസ്സിനോ പിടികിട്ടാത്ത വാക്കുകളാണ് ഉപനിഷത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് വേണം എന്ന് പറഞ്ഞു ഉപയോഗിച്ചതാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ വെർബൽ മീനിങ് വായിച്ചിട്ട് ഇരുന്നു പോവും ആ അറിഞ്ഞു അപ്പൊ ഗീതയൊക്കെ അങ്ങനെയാണ് പറ്റണതേ നമുക്ക് കുറെ കമന്ററീസ് ഉണ്ട് വായിച്ചാൽ മനസ്സിലാവും മനസ്സിലായിന്ന് വിചാരിക്കുകയാണ് നമ്മള് അനേക അനേക വർഷങ്ങൾ ഗീതയും വെച്ചുകൊണ്ട് ഉപാസന ചെയ്യുമ്പോൾ നമുക്ക് വർഷങ്ങൾ കഴിയും തോറും മനസ്സിലാവും ഗീതയിൽ ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലാവും അത് മനസ്സിലാവണതല്ല ബുദ്ധിയിലാവണതല്ല നമ്മൾ പുരോഗമിക്കും തോറും നമ്മൾ ആന്തരികമായി പക്വപ്പെടും തോറും നമ്മൾ അതിൽ പ്രതിഫലിച്ച് കാണും നമ്മളെ തന്നെ അതിൽ കാണും രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു എനിക്കെന്താ ഇത്ര വർഷം ഗീത പഠിച്ചിട്ടൊന്നും മനസ്സിലാവാത്ത മഹർഷി പറഞ്ഞു ഗീത എന്താ പറയണന്ന് വെച്ചാൽ കേൾക്കണം അപ്പൊ അയാൾ ചോദിച്ചു ഗീത എന്താ പറയണം ഗീത എന്താ പറയണത് എന്ന് വെച്ചാൽ ഗീത എന്നോട് പറയണു നീ നിന്റെ സ്വരൂപത്തിനെ നോക്കൂ എന്ന് ഞാൻ പറയുമ്പോ നീ എന്താ എന്നെ നോക്കണതെന്ന് ചോദിക്കുകയാണെന്നാണ് ഗീത നീ നിന്റെ ഉള്ളില് നോക്കൂ എന്ന് നീ എന്തിനു പുസ്തകത്തിന് നോക്കണു ഗീത ഉപനിഷത്ത് എല്ലാം നമ്മളെ ശ്രദ്ധിക്കാനുള്ള ശാസ്ത്രമാണ് അത് വളരെ അതാവട്ടെ വളരെ ലളിതമാണ് സൂക്ഷ്മമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം പ്രഭാഷണത്തിലും സത്സംഗത്തിലും രുചി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എനിക്ക് ആളുകൾ പലപ്പോഴും ഇതൊരു പരിപാടിയായിട്ടാണ് കണക്കാക്കുന്നത് അതും വ്യവഹാരം കൂടുന്തോറും ഞങ്ങളും ആ നിലയിൽ നിന്നും തെറ്റിപ്പോവുകയും ചെയ്യും ഇന്നത്തെ കാലത്തെ സമ്പ്രദായങ്ങളും ഒക്കെ വിശേഷമായിട്ടിരിക്കാണ് സത്സംഗത്തിലോ ഗീതയോപനിഷത്തോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഋഷി തുല്യരായിട്ടുള്ള ആളുകളിൽ നിന്നും എന്ത് പ്രയോജനപ്പെട്ടു അത് കൊടുക്കാനൊന്നും അടിയില്ല തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് അവര് ഞങ്ങൾക്ക് എങ്ങനെ തന്നു അതുപോലെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ നമ്മളുടെ സമ്പ്രദായങ്ങളും രീതികളും ഇതിനെക്കുറിച്ചുള്ള അറിവുകളുമൊക്കെ നേരത്തെ പറഞ്ഞ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി വരുമ്പോ പബ്ലിക്കിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ല പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റില്ല മഹർഷി തന്നെ പറഞ്ഞു സ്വാമി രാജേശ്വരാനന്ദ ഒരിക്കൽ മഹർഷിയോട് ചോദിച്ചു ഷുഡ് ബി നോട്ട് പ്രൊപ്പഗേറ്റ് Maha Shivarnyu, erase the person who wants to propagate, it will naturally propagate. Pracharipikkanam in the Agrahaikkan in that island. I am not a island, I am a pracharipikkanam. That is a state of state. The dhyatma vidya pracharipikkanam is a man. Swayam, atma, swaroopikala, atma, nishtara. That swanubhudhi, what is the place of life? What is the place of life? What is the place of peace? What is the place of peace? എനിക്കത് കിട്ടി എന്ന് വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസാ എന്ന് ഋഷികൾ വിളിച്ചു പറഞ്ഞുപോലെ നോട്ട് എസ് എ ക്ലെയിം ബട്ട് ഫാക്ച്വലി പറയാവുന്ന ഭാവം ഒരു വ്യക്തിക്ക് തന്നിലുണ്ടാവണം ആ തീർത്ഥം കോരിക്കുടിക്കാൻ തയ്യാറായിട്ടുള്ള മാനസസരസിലേക്ക് കയറിപ്പോവാൻ തയ്യാറായിട്ടുള്ള ഹംസങ്ങൾക്ക് മാത്രമായിട്ട് അതാണ് ഭാഗവതത്തിൽ നാരദൻ പറഞ്ഞത് വ്യാസനോട് ചുവട്ടിലേക്ക് വരരുത് എന്നാണ് നയത്ര ഹംസാഹ നിരമന്തി ഉശിക്ഷയാഹ എന്ന് ഭാഗവതത്തിൽ നാരദൻ വ്യാസനോട് പറഞ്ഞു അങ്ങട് കയറി വന്ന് മനസ്സിലാക്കുന്നവൻ മനസ്സിലാക്കട്ടെ ചുവട്ടിലേക്ക് വരരുത് കാരണം ചുവട്ടിൽ വരാൻ പറ്റില്ല വന്നാൽ അത് വീണു പോവും അതിന്റെ സ്വഭാവം മാറിപ്പോവും ഗീതയും ഭാഗവതവും ഉപനിഷത്തും സമൂഹത്തിലേക്ക് വരാൻ പറ്റില്ല സമൂഹം അങ്ങോട്ട് പോകണം സമൂഹത്തിൽ നിന്നും വ്യക്തികൾ സമൂഹം എന്ന് വെച്ചാൽ നമ്മൾ പറയണത് എന്താ വ്യക്തികളാണല്ലോ വ്യക്തികൾ ഒന്ന് രണ്ടുപേർ അങ്ങോട്ട് പോയാൽ അവർ സമൂഹത്തുനിന്ന് പുറത്തു ചാടിപ്പോവും അതാണ് അതിന്റെ സ്വഭാവം ഒന്നാം ക്ലാസ്സിൽ ഇരുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല ആചാര്യസ്വാമികൾ ഗീതയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് കിഴക്കോട്ട് നടക്കുന്നവന് പടിഞ്ഞാറ് നിന്ന് അകന്നേ പറ്റൂ അയാൾക്ക് പടിഞ്ഞാറും കിഴക്കോട്ടും ഒരേ സമയത്ത് പോവാൻ പറ്റില്ല സമൂഹം എന്ന് പറയുന്നത് ലോകത്തിലെവിടെയും തെറ്റായ വിഷയങ്ങളെ ജീവിതത്തിന്റെ മുഖ്യമൂലധനമായിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങൾക്ക് വശപ്പെട്ട് ജീവിക്കുന്ന കുറേ വ്യക്തികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സമൂഹമെന്ന് വിളിക്കുന്നത് അത് മതപരമായാലും ശരി സാമൂഹികപരമായാലും ശരി എപ്പോഴും സംസ്കൃ സംസ്കാരമുള്ളവരും ജ്ഞാനത്തിൽ ഉയർന്നവരും അവർക്ക് ബലം കുറയും അഹങ്കാരത്തിന്റെ ബലം കുറയുന്നാൽ സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല